ശ്രീമത് ഭഗവത്ഗീത ഇല്ല ശബ്ദമിന്റെ മുപ്പത്തിയേഴ് ബന്ധുസ്നേഹാത് കരുണ്യാ പറയുന്നു ബന്ധുസ്നേഹ കാരുണ്യർജുനൻ ശൂര്യനാണ് അതിനാണ് യുദ്ധത്തിൽ നിന്ന് പിന്തിരിയുന്നു യുദ്ധാനുവൃത്ത രണ്ട് കാരണങ്ങളാണ് ഇവിടെ സിദ്ധാന്തം തന്നെയാണ് ഒന്ന് ബന്ധുസ്നേഹം മറ്റൊന്ന് കാരുണ്യം ഈ ബന്ധുസ്നേഹവും കാരുണ്യവും കൊണ്ട് യുദ്ധത്തിൽ നിന്ന് പിന്തിരിയുന്ന ഒരു ശൂരികീർത്തി കഥം ആകർഷ ഇതൊരു കുറവക്ഷം പോലെ അവതരിപ്പിക്കാൻ ഇത് തന്നെ സിദ്ധാന്തം അപ്പൊ ഞാൻ യുദ്ധത്തിൽ നിന്ന് പിന്തിരിയുന്ന ബന്ധുക്കളോടുള്ള സ്നേഹം കൊണ്ടും കരുണ്യം കൊണ്ടല്ലേ അപ്പൊ എനിക്കിന്നെങ്ങനെ അതിർത്തി ഉണ്ടാവും ഇതാണ് അർജുന്റെ സംശയം ഞാൻ യുദ്ധത്തിൽ നിന്ന് പിന്തിരിയുന്നതിന് ശരിയായ കാരണങ്ങളുണ്ട് ശരിയായ കാരണങ്ങൾ കൊണ്ട് നമ്മൾ യുദ്ധത്തിൽ നിന്ന് പിന്തിരിയുകയാണെങ്കിൽ അത് കൊണ്ട് എനിക്ക് അങ്ങനെയാ ചീത്തപ്പേരുണ്ടാവുന്നത് അതിന് മറുപടി പറയുന്നു ഭയാഗ്രണാ ദുബരം മംസ്യന്റെ ത്വാം മഹാരഥേഷത്വം ബഹുമതോ ഭൂത്വയാസാക്കും ുധനാദീ മഹാരൂ ത്ൂരോ വൈതി ഭൂമോ ഭൂ ഇനി യുദ്ധേ സമസ്ത്ഥി നിവൃത്തവ്യപാരതയാഘവുഗ്രഹതാവസ്ഥ ത്വാം ഭയാംസിന്ധി ശൂരാണ ശത്രുയാ ബന്ധുസ്നേഹാരി ആ പൂർവപക്ഷത്തെ അ സിദ്ധാന്തമായിട്ട് ഇവിടെ വന്നിരട്ടിരിക്കുന്നത് എന്താണ് ശൂരന്മാരായിട്ടുള്ളവർ വൈരികൾ ഭൈരമുള്ളവർ ശത്രുഭയാതൃത്യേ ശത്രുഭയം കൂടാതെ ശത്രുവിന ഭയന്നിട്ടാണെങ്കിൽ പിന്തിരിയാം ബന്ധുസ്നേഹാദിന ബന്ധുസ്നേഹം കാരുണ്യം ഇതെല്ലാം കൊണ്ട് യുദ്ധത്തിൽ നിന്ന് പിന്മാറുന്നത് ആദ്യത്തെ ചോദ്യം ഒരാൾ യുദ്ധത്തിലിറങ്ങിയാൽ യുദ്ധത്തിൽ നിന്ന് പിന്മാറാമോ അർജുനൻ പറയുന്നത് പൂർവപക്ഷമായിട്ടാണ് ഇവിടെ എടുക്കുന്നത് എന്നിട്ട് യുദ്ധത്തിൽ വരുന്ന സംഭവിക്കുന്ന നാശനഷ്ടങ്ങൾ ഹിംസ ഇതെല്ലാം ഓർത്തുകൊണ്ട് യുദ്ധത്തിൽ നിന്ന് പിന്മാറാമെന്നാണ് അർജുനന്റെ പക്ഷം ഇവിടെ പുരോഹിതപക്ഷം പറയുന്നത് പുരോഹിതപക്ഷമാണ് സിദ്ധാന്തം ഭഗവാന്റെ ഉക്ഷാണ് പറയുന്നത് ലേ ക്ഷത്രിയനാണ് നിന്റെ കുലത്തൊഴിലാണ് യുദ്ധം അതുകൊണ്ട് നിന്റെ സ്വധർമ്മമാണത് അതുകൊണ്ട് ബന്ധുസ്നേഹം കാരുണ്യം ഇതുകൊണ്ട് നിനക്ക് യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ അവകാശം എന്തുകൊണ്ട് ഏഷാം കർണ ദുര്യോധനാധീനം കർണൻ ദുര്യോധനൻ തുടങ്ങിയ ശത്രുക്കൾ മഹാരഥാണ് ആരെല്ലാം മഹാരഥന്മാരാണ് പോരാളികളാണ് ഇതപൂർവം ഇതിനു മുമ്പ് യുദ്ധത്തിന് മുമ്പ് തം ശൂരോ വൈരീതി ബഹുമതോഭൂത്വം നീ എന്താണ് വൈദിശൂരനാണ് വൈരിയാണ് വൈരി എന്ന് വെച്ചാൽ വൈരവോട് വൈരം എന്ന് വെച്ചാൽ ശത്രുത ശത്രുക്കളോട് ശത്രുതയുള്ളവനായി യുദ്ധം ചെയ്യുന്നവനാണ് അങ്ങനെ ബഹുമതോ ഭൂത്തോ ബഹുമാന്യനായിട്ട് ഇതുവരെ അവർക്ക് എന്തിന്റെ ഒരു പോരാളിയായി കണ്ടിരുന്ന ഇതാനി യുദ്ധേ സമൂഹസ്ഥിതയിൽ ഇപ്പൊ യുദ്ധം വന്നു ചേർന്നു ഏറെ മുമ്പിൽ വന്നു നിവൃത്ത വ്യാപാരതയ ഇനി പിന്തിരിയുന്നു നികുത്ത വ്യാപാരം യുദ്ധത്തിൽ നിന്ന് കേട്ടറി അതുകൊണ്ടെന്ത് വരുന്നു ലാഘവം സുഗ്രഹത്താം അല്ലെങ്കിൽ സ്വനിഗ്രഹത്താം രണ്ടായാലും ശരി ലാഘവം എന്ന് വെച്ചാൽ ലഘുത്വം സംഭവിക്കാവുന്ന നിസ്സാരമായിരുന്നു ഇങ്ങനെ അവരെ മുമ്പ് ഇതുവരെ ഈ പോരാളിയായിരുന്നു വൈരിയായിരുന്നു കാരണം യുദ്ധം ചെയ്ത് മനസ്സിൽ വൈരഭാവം വേണം ശത്രുതയില്ലാതെ ഇദ്ദേഹം ചെയ്യാൻ പറ്റത്തില്ല ഇപ്പൊ അതെല്ലാം പോയിട്ട് എന്ത് ചെയ്യുന്നു അതുകൊണ്ടാണ് നീ ഒരിക്കൽ ബഹുമാനിക്കപ്പെട്ടത് ബഹുമതോത്വം ഇതാണ് യുദ്ധ സമൂഹസ്ഥ നിവൃത്ത വ്യാപാരതയ ലാഘവോഭ്യാസം നീ നിസ്സാരണായിട്ട് അല്ലെങ്കിൽ യുദ്ധം ചെയ്യുന്നില്ല പിന്തിരിയുന്നവനാണ് നിന്നെ അനായാസമായി അവർക്ക് കൊല്ല നീ ഏറ്റുമുട്ടുന്നില്ല മഹാരഥാ ആ മഹാരഥന്മാർ കർണ്ണം പുരൂവിനോ നിങ്ങളെല്ലാം എന്ന് പറയും സ്വാമി ഭയാദ്ധാനം മനസ്സിൽ ഭയം കൊണ്ട് യുദ്ധത്തിൽ നിന്ന് ഉപരമിച്ചവനാണ് കരുതുന്നത് അപ്പോൾ ഒരു പോരാളിയെ സംബന്ധിച്ചിടത്തോളം ഭയം കൊണ്ട് യുദ്ധത്തിൽ നിന്നും പിന്തിരിയുന്നുവത് ശരിയായ കാര്യം കാരണം അത് യുദ്ധം എന്ന് പറയുന്നത് ക്ഷത്രിയന്റെ സ്വധർമ്മമാണ് ക്ഷത്രിയേന്റെ സ്വധർമ്മം മാത്രമല്ല പഴയ ധർമ്മശാസ്ത്രങ്ങൾ യുദ്ധം എന്ന് പറയുന്നത് അവരുടെ അതുകൊണ്ടാണ് ജീവിക്കുന്നത് അത് ഇന്നും അങ്ങനെ തന്നെയാണ് ഇപ്പൊട്ട ആൾക്കാർ അവർ യുദ്ധം ചെയ്യുന്നത് എന്താണ് അതവരുടെ ഉപജീവന മാർഗം കൂടെയായിരുന്നു ശമ്പളം കിട്ടും ശമ്പളം ആരും യുദ്ധം ചെയ്യാൻ പോകത്തില്ല ഫ്രീ ആയിട്ട് യുദ്ധം ചെയ്യാനും പോകുന്നത് അവർ തൊഴിലാണ് കുടുംബം അതുകൊണ്ടാണ് കഴിയുന്നത് അപ്പൊ കൂടിയാണ് പണ്ടും അങ്ങനെ തന്നെയായിരുന്നു ക്ഷത്രീയന്മാരുടെ അപ്പോ അത് അങ്ങനെ ഇരിക്കുകയെ ഭയന്ന് പിന്മാ പിന്മാറിയ എങ്ങനെ ശരിയാവും ശരിയാവും പക്ഷെ ഇവിടെ ഇപ്പോ പറയുന്ന എന്താണോ കാരുണ്യം കൊണ്ടും ബന്ധുസ്നേഹം കൊണ്ടും പിന്മാറുന്നു അതും ശരിയല്ലെന്നാണ് കാരുണ്യം കൊണ്ട് ബന്ധുസ്നേഹം കൊണ്ട് പിന്മാറ പിന്മാറാൻ പാടില്ല എന്നാണ് വും ബന്ധുസ്നേഹവും ഒരു വ്യക്തിയിലാകാമോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം അങ്ങനെ ഗീത അംഗീകരിക്കുന്നുണ്ടോ അപ്പോ ഗീതയുടെ മുമ്പോട്ട് വരും പറയും എന്താണ് അഹിംസ സമത ഗീതയിലെ ഒരു ആദർശമായിട്ടെടുത്ത് കാണിക്കുന്നതാണ് അഹിംസ പുഴർത്തുന്ന അഹിസാത്മിച്ച ഹിംസിക്കാതിരിക്കുകയാണ് അതിന് വേറെ അർത്ഥവും മാർഗം പറയാൻ പറ്റത്തില്ല ദയാ ഭൂതേഷു പ്രാണികളോടെ ദയുണ്ടായി മാർദ്ദവും ധ്രീരചാപന ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അതിന് പറയുന്ന ഒന്നാണ് അദ്വേഷ്ട സർവഭൂതാണ് മൈത്ര കരുണയെ വച്ച് സർവഭൂതങ്ങളോടും ദ്വേഷമില്ലാത്തവനായിരിക്കുക മൈത്രം മൈത്രിഭാവന ബുദ്ധന്റെ ഉപദേശം മൈത്രി ബുദ്ധഭിക്ഷതയുടെ ഒരു സാധനയായിട്ട് പണ്ട് ബുദ്ധന് ഉപദേശിച്ചു കൊടുത്താണ് എന്താണ് സർവപ്രാണികളോടും മൈത്രിഭാവനയിൽ അതാണ് യോഗസൂത്രത്തിൽ ഒന്ന് മൈത്രികരണം ഉപയോഗിച്ചാണ് എന്നൊക്കെ പറഞ്ഞ് യോഗസൂത്രത്തിൽ വരുന്നു അത് തന്നെയാണ് അതായത് സർവപ്രാണികളോടും മൈത്രി ഭാവനയാണ് വേണ്ടത് പിന്നെ പ്രത്യേക എടുത്ത് പറയുന്നു കരുണ സർവ്വപ്രാണികളോടും കരുണ സർവ്വപ്രാണികളോടും മൈത്രി ഭാവനയും സർവ പ്രാണികളോടും കാരുണ്യവും ഉണ്ടെങ്കിൽ പിന്നെങ്ങനെയല്ല പിന്മാറാൻ തന്നെ വേണ്ടു അപ്പോ ഇവിടെ പറയുന്നത് എന്താണ് അങ്ങനെ ബന്ധുസ്നേഹവും പാരായണി ബന്ധു ഭാരതത്തിന്റെ ആശയമായിട്ട് പറയുന്നത് എന്താണ് പറയുന്നത് വസുദൈവ കുടുംബം ഭൂമിയിലുള്ള എല്ലാവരും ഒരു കുടുംബമാണ് എല്ലാവരും ഒരു കുടുംബമാണെങ്കിൽ എല്ലാവരും ബന്ധുക്കളാണല്ലോ പ്രത്യേകിച്ചൊരു ബന്ധമെന്ന് പറയാനില്ല സന്യാസിമാരും മറ്റും പുലർത്തുന്ന കപട ബന്ധത്വമാണ് അതെന്ന് സന്യാസം എന്നൊക്കെ പറഞ്ഞ് വീട് കിട്ടും വീട് ചെയ്യുന്നു അച്ഛൻ അമ്മ സഹോദരന്മാർ ഇവരൊക്കെ ഉപേക്ഷിക്കും ഇവർ ഉപേക്ഷിച്ചിട്ടാണ് വിടുന്നത് ബന്ധുക്കളെയൊക്കെ ഉപേക്ഷിക്കും എന്നിട്ടതിന് ആശ്രമത്തിൽ പോയി സ്വാമിയായി ജീവിക്കും അതുവരെ ഒക്കെ അതുകഴിഞ്ഞ് പിന്നെ എന്താ ചെയ്യുന്നത് ഈ നമ്മൾ ഉപേക്ഷിച്ച ബന്ധുക്കളൊക്കെ വലിയ ബന്ധുക്കളെ അവിടെ സൃഷ്ടിക്കും അവരുമായിട്ട് വലിയ ചങ്ങാത്തകളും അവർക്ക് വേണ്ടി ജീവിക്കും സ്വന്തം അച്ഛന്റെയോ അമ്മയുടെയോ ജീവിതത്തിൽ അവർ ഇടപെടത്തില്ല പക്ഷെ നാട്ടുകാരുടെ ജീവിതത്തിലൊക്കെ എല്ലാത്തിലും എല്ലാവരുടെ പ്രശ്നങ്ങളും പരിഹരിക്കാനും സ്വന്തം കുടുംബത്തിലെ പ്രശ്നം പരിഹരിക്കാൻ വയ്യാന്നും പറഞ്ഞ് വീട് വിട്ടവനാണ് സന്യാസിയെ എന്നിട്ട് എന്ത് ചെയ്യുന്നു നാട്ടുകാരുടെ മുഴുവൻ പ്രശ്നങ്ങളിലും പോയി ഇടപെടും എല്ലാവർക്കും ായി ഇതാണ് കവിട ബന്ധുത്വ അപ്പോ ശരി എല്ലാവരും ബന്ധുക്കളാക്കുക നല്ല ആശയം തന്നെയാണ് ഇവിടെ ദോഷമുണ്ട് അങ്ങനെ ഇങ്ങനെ കുടുംബങ്ങൾ ശത്രുവും അതിനോട് സമാനം പറയും പറയും ഞാനീ പറയുന്നതിന്റെ പൂർവക്ഷമൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഞങ്ങളെ ഞങ്ങളുടെ സ്വന്തം കുടുംബത്തെ ഉപേക്ഷിച്ചിട്ട് ലോകത്തെ മുഴുവൻ കുടുംബമാക്കിയിരിക്കുന്നു നല്ല കാര്യം അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ഒന്നും ചെയ്യത്തില്ല പക്ഷെ ലോകത്തിന് വേണ്ടിയെല്ലാം ചെയ്യും അങ്ങനെയാണെങ്കിൽ ഈ ലോകമല്ലേ നിങ്ങളുടെ കുടുംബം നിങ്ങൾ ഉപേക്ഷിച്ച കുടുംബം നിങ്ങൾ ഈ ലോകത്തിന് ചെയ്യുന്ന അവരോടും ചെയ്യരുത് ലോകത്തിനോട് കാണിക്കുന്ന മമതയും സ്നേഹവും കാര്യങ്ങളും എല്ലാം സ്വന്തം കുടുംബത്തോടും ചെയ്യണോ അപ്പോ എല്ലാ കുടുംബം എന്ന് പറയും സ്വന്തം കുടുംബത്തോട് ഒരു വിരോധവും പിന്നെ ബാക്കിയുള്ള കുടുംബങ്ങളിൽ കയറി കൈകടത്തലുകളാണ് തന്നെ അത് ശരിയാകും അതീ കുടുംബത്യാഗം എന്ന് പറയുന്നതുകൊണ്ട് എല്ലാ കുടുംബത്തെയും ലോകം മുഴുവനൊരു കുടുംബമായി കാണുകയാണെങ്കിൽ ും ലോകത്തോട് കാണിക്കുന്ന സ്നേഹം സ്വന്തം കുടുംബത്തോടും കാണിക്കും അതിലോട്ടും കുറയ്ക്കാൻ പാടില്ല ഇത് പറയുമ്പോൾ ചിലരുടെ മനസ്സിൽ മറ്റൊരു ഭൂർപക്ഷം വരും എന്താണ് അത് പറയുമ്പോൾ സ്വജനപക്ഷപാതം വരരുതെന്നാണ് സ്വജനങ്ങൾ പക്ഷപാതം ശരി അപ്പൊ ആരാണ് സ്വജനം അതിന് ഉത്തരം പറയുന്നത് ആരാണ് ഈ സ്വജനം എന്ന് നിങ്ങൾ പറയും സന്യാസി ലോകം മുഴുവൻ സ്വജനമാണ് ലോകം മുഴുവൻ സ്വചനമാണ് അപ്പൊ ആരോട് നമ്മൾ പക്ഷപാതം കാണിക്കാൻ പാടില്ല അപ്പൊ സ്വന്തം നമ്മള് ഉപേക്ഷിച്ചു പോരുന്ന മാതാപിതാക്കളോടൊക്കെ കൽച്ച കാണിക്കുകയും ഒഴിയെ കാണുന്ന മാതാപിതാക്കളെയൊക്കെ സ്നേഹിക്കുകയും ചെയ്ത് കഴിഞ്ഞു അപ്പൊ അത് സ്വചനപക്ഷപാതമുള്ള കാരണം ഇത് എല്ലാവരും ചിലരോട് നമ്മൾ പക്ഷപാതം കാണിക്കുന്നത് ചില സ്വചനങ്ങളെ നമ്മൾ ഒഴിവാക്കുക അപ്പൊ ഇതിനൊന്നും യാതൊരു നീതിബോധമില്ലാത്ത കാര്യങ്ങളാണ് സന്യാസത്തിന് അതിന്റെ ഇപ്പൊ നിങ്ങൾക്ക് ഇത്തരം ചടങ്ങുകളിലൊക്കെ വിശ്വാസം ഉണ്ടെങ്കിൽ ഞാനായിട്ടാണ് പ്രവസനമെന്ന് പറയുന്നില്ല കാരണം ഈ പിഡം വയ്ക്കുന്നത് മരിച്ച് പുലർത്തി അത് തന്നെ പിണ്ടം വയ്ക്കുക എന്ന് പറഞ്ഞു ഇവിടെ പിണ്ടത്തിന്റെ ആശന്മാർ കയറിക്കൊണ്ട് അപ്പൊ ഈ പിണ്ടം വയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മരിച്ചവർക്ക് വേണ്ടിയിട്ട് എന്തോ ചെയ്യുന്ന ഒരു കർമ്മമാണ് എന്നാണ് പൊതുവെ നമ്മൾ ഈ ഭാവിയിലൊക്കെ പോയി പണി ചെയ്യുന്നത് വാസ്തവത്തിൽ ആൾക്കാരെ പറ്റിക്കുന്ന ഒരു പരിപാടിയുണ്ട് കാരണം എന്താ നമ്മുടെ വിശ്വാസം അനുസരിച്ച് മരിച്ചവര് ജനിക്കും പുനർജന്മമുണ്ട് അപ്പം നമ്മുടെയും മരിച്ചവരുടെ ഇവരെയും മരിച്ചവർക്ക് ഇവരെല്ലാ വർഷവും പെണ്ഡം വയ്ക്കുന്നു അപ്പം ഇവരും ജനിച്ചില്ല ജനിച്ചതിന് പിന്നെ എന്തിനാണ് ജീവിച്ചിരിക്കുന്നവർക്ക് വെണ്ടം വയ്ക്കുന്നു പിണ്ട വിദ്വാൻമാരുടെ പേര് സമാനം പറയും പുനർജന്മം നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ വിശ്വസിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ ഈ ചെയ്യുന്ന ഒരു അസംബന്ധമാണ് കാരണം ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാൾ മരിച്ചെന്നും അങ്ങനെ തന്നെ ഇരിക്കും പുനർജന്മ ഇല്ലേ കർമ്മം അനുസരിച്ച് എനിക്കില്ലേ അപ്പൊ പിന്നെ ഇതെന്താണ് കോട്ടക്കണ്ണ മാവെറിയും പോലെ എവിടെയെങ്കിലും ചെന്ന് ചെന്ന് പോണാൻ വേണ്ടിയിട്ടാണ് അറിയുന്നത് എന്ന് പറയും അങ്ങനെ ഒരു ലക്ഷ്യമില്ലാത്ത യാതൊരു അടിത്തറയില്ലാത്തൊരു പരിപാടിയാണ് അപ്പൊ പുനർജന്മം അംഗീകരിക്കുകയും ഇതൊരിക്ക നാരായണ ഒരു ശിഷ്യനോട് ചോദിച്ചത് ഒരാൾ ഇങ്ങനെ കുണ്ടം വയ്ക്കുന്ന കാര്യം പറഞ്ഞു അപ്പൊ ചോദിച്ചു നിങ്ങൾ പുനർജന്മത്ത് വിശ്വസിക്കുന്നുണ്ടോ ഉണ്ട് അപ്പൊ ജനിച്ചോ അതറിയില്ല ഇപ്പൊ ഞങ്ങൾ ആർക്കായി പിണ്ടം വയ്ക്കുന്നത് എന്നൊരു ചോദ്യം ചോദിച്ചു ഗുരു മറുപടിയൊന്നും പറഞ്ഞില്ല ഇങ്ങനെ ചോദിച്ചതേ ഉള്ളൂ അതുകൊണ്ട് ഈ പിണ്ടം വയ്ക്കുക എന്നൊക്കെ പറയുന്നത് പിന്നെ എന്താണ് ഇതൊക്കെ ചെയ്യുന്ന എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ മൂഢബുദ്ധികൾക്ക് ഒരു സമാധാനത്തിന് അതിനുവേണ്ടി ചെയ്യുന്നു എന്നുള്ളതേ അല്ല അതിനൊരു ശരിയായ ഒരു അടിത്തറം നമുക്ക് കണ്ടെത്താൻ പറ്റില്ല പിന്നെ ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഇതിന് വളരെ ശക്തമായി ഇതിനെ എതിർത്ത ഹിന്ദു സന്യാസിയാണ് ദയാനന്ദ സെക്സി ആര്യ സമാജം ഒരു ഹിന്ദു സന്യാസിയാണ് ഞാൻ പറഞ്ഞ നിങ്ങള് എന്നു പറയും പക്ഷെ ദയാനന്ദ സരസ്വതി വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞാൽ ദയാനന്ദ സരസ്വതി ഇവിടെ നാസീനെന്ന് വിളിക്കത്തില്ല അതേ ചടങ്ങിനെ എതിർത്തയാളോ യഥാസംബന്ധമാണെന്ന് പറഞ്ഞു ആവശ്യമില്ലാത്ത പക്ഷെ ആരും കേട്ടില്ല പറഞ്ഞാണ് വിഷം കൊടുത്തു കൊള്ളുന്നത് അതിന്റെ സംഭവിച്ചു അപ്പൊ അതൊക്കെ നമ്മള് കാലം കഴിഞ്ഞു അതൊക്കെ വേണം വേണ്ടതെന്നുള്ള കാര്യം പിന്നെ പണ്ട് ഓരോരുത്തർ ചെയ്തു വരും നമ്മളിന്നും ചെയ്തു കുറേ പേര് വിശ്വസിക്കുന്നു അപ്പം എൻ്റെ അഭിപ്രായം ഇതാണ് വിശ്വാസമുള്ളത് ചെയ്യട്ടെ അതാണ് ഞാൻ ആദ്യം വിശ്വാസം ഉണ്ടെങ്കിൽ ചെയ്യുക അപ്പം ഞാനതിനെ കൂടുതൽ അതിൻ്റെ ശാസ്ത്രീയമായ വശം ഒന്നും ചിന്തിക്കാൻ പോകേണ്ട കാര്യമില്ല വിശ്വാസം ഉണ്ടെങ്കിൽ ചെയ്യാം വിശ്വാസം അത് അപ്പോൾ അതിനെതിരായ ചിന്തകൾ നമ്മുടെ ഹിന്ദു സന്യാസിമാരുടെ അടിയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് ആ പക്ഷെ ഇതൊരു പൗരോഹിത്യ ബിസിനസ് ആയതുകൊണ്ട് നടക്കുന്നു കാരണം ഈ പിഡം പയിപ്പിച്ച് കഴിഞ്ഞാൽ പിണ്ടം വൈപ്പിക്കുന്നു നോക്കുന്നത് ഇതിൽ നിന്ന് എത്ര വരുമാനം ഉണ്ടാകും എന്നുള്ളതാണ് അതുകൊണ്ടാണ് നടക്കുന്നത് അപ്പൊ ബോധമില്ലാത്ത മനുഷ്യന്റെ കാച്ച് പുരോഹിതന്റെ കയ്യിൽ ഇത്രയും കളക്കുന്നു ബാക്കിയുള്ളതൊന്നും ചെയ്യുന്നുവെന്നറിയില്ല പിന്നെ ഒരു വിശ്വാസത്തിൽ അങ്ങനെ പോകും വിശ്വാസമുള്ളൂ ചെയ്യട്ടെ ആദ്യം വിശ്വാസത്തെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ലെന്ന് നിഷേധിക്കുന്നു പിന്നെ ഞാൻ ചോദ്യങ്ങൾ ചോദിച്ച് എനിക്കിങ്ങനെ മറുപടി പറയട്ടെ ഉള്ള കാര്യം പറയണം അറിഞ്ഞ കാര്യം പറയണോ പുനർജന്മത്തെക്കുറിച്ച് തന്നെ എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഗീതയിലും ഇതിനൊക്കെ മറുപടി വരുന്നുണ്ട് അർജുനൻ പരിതപിക്കുകയാണ് ലുപ്ത പിണ്ഡോദകക്രിയ ഇവരെല്ലാം പിണ്ടലുപ്തന്മാരായി നരകത്തിപ്പോവും അന്നത്തെ വിശ്വാസമാണ് അപ്പൊ അർജുനനെ എങ്ങനെയാ പിന്നെ സമാനിപ്പിച്ചത് എങ്ങനെയാ സമാനിച്ചത് അർജുനും കരഞ്ഞല്ലോ അവരെല്ലാം പെണ്ഡം ഇല്ലാതെയായി ഗീത പ്രസംഗിക്കുന്നവരല്ലേ എങ്ങനെ സമാനിപ്പിച്ചു ജായതേ കുറിയതെ എഴുതും കൂടെ ആരും ജനിക്കുന്നുണ്ട് മരിക്കുന്നുമില്ല പിന്നെ നീ മരിച്ചവർക്ക് എന്തിനാ ഇത് പറഞ്ഞാൽ സമാനിപ്പിച്ചു അതിനു വേണ്ടിയിട്ടാണ് മറുപടി പറഞ്ഞത് ആ ബോധം ഉറയ്ക്കുക എന്താണ് ആരും മരിക്കുന്നുമില്ല ജനിക്കുന്നുമില്ല ആ ബോധമാ നിനക്ക് വേണ്ടത് ഭഗവാന്റെ പറഞ്ഞു അപ്പുറപക്ഷത്തിൽ സമാനമാണ് നിലവിലിരിക്കുന്ന പല വിശ്വാസങ്ങളെ കുറിച്ചും പറയുന്നു പുനർജന്മം എന്ന് പറയുന്നത് നിൽക്കുന്നത് എന്താണോ അതൊരു വിശ്വാസമായിട്ട് മനുഷ്യന്റെ മനസ്സിൽ അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ അതങ്ങനെ പോകട്ടെ എന്ന് വിചാരിക്കാനേ പറ്റും സത്യം എന്താണ് ജനിക്കുന്നുമില്ല മരിക്കുന്നുമില്ല ആരും ഞാൻ സത്യം പിന്നെ പിണ്ട മാറിയും ാവശ്യനുസരിച്ച് എനിക്ക് അതുകൊണ്ടില്ല ഇത് വ്യക്തമായും പറയുന്നത് ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി പുരോഹിതന്മാർ ഉണ്ടാക്കിയ ഒരു ഏർപ്പാടാണ് അവർക്ക് ദക്ഷിണയ്ക്കും ഭക്ഷണത്തിനും വേണ്ടി ഉണ്ടാക്കിയാണ് ഇന്നും ആൾക്കാർ ചെയ്യുന്നത് അതിനു വേണ്ടി തന്നെയാണ് പിന്നെ അവർ പറയുന്നതാണ് അവരൊക്കെ വിശ്വസിക്കുന്നതുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്നു ഇന്ന് സമാധാന ഇതെ പരമാർത്ഥം നമ്മുടെ ശാസ്ത്രങ്ങളെ പറഞ്ഞിരിക്കുന്ന പരമാർത്ഥം പിന്നെ സന്യാസം എന്ന് പറഞ്ഞാൽ ത്യാഗമുള്ള ജീവിതം എന്ന് മാത്രമേ അർത്ഥമാണ് പരോപകാരം ചെയ്ത് ജീവിക്കാൻ പറ്റില്ലെങ്കിൽ അത് നല്ലത് സന്യാസത്തിനൊരു ദോഷം ഇത് രണ്ടുമായി കഴിഞ്ഞാൽ ത്യാഗവും പരോപകാരം പിന്നെ അതില് അവന് മനസ്സിന് സന്തോഷവും സമാധാനമൊക്കെയും അത്രയുള്ളൂ ബാക്കിയുള്ള ചടങ്ങുകൾ അത് കാണിക്കുന്നത് എന്താണ് അനുകരണം അനുകരണം ഭ്രമം ഓരോരുത്തരോരോന്ന് കാണിക്കുന്നത് നമ്മളും കാണിക്കും അധികം കഴിഞ്ഞു പ്രത്യേകിച്ച് വിശേഷിച്ചു ലോകത്തിനങ്ങനെയൊക്കെ കാണിക്കണം അതുകൊണ്ട് കാണിക്കുന്നു എന്തായാലും ശങ്കരാചാര്യ സന്യാസത്തിന്റെ കാര്യം പറഞ്ഞപ്പോ പിണ്ടമത്തിന്റെ കാര്യം പറഞ്ഞിട്ടില്ല ഒരു സംശയത്തിന് വിരജാഭവം എടുക്കാൻ പറഞ്ഞിട്ടില്ല ഇത്രേം പറഞ്ഞോളൂ നിങ്ങൾ കർമ്മങ്ങൾ ഉപേക്ഷിക്കുക കർമ്മത്തിന്റെ അടയാളങ്ങൾ എല്ലാം ഉപേക്ഷിക്കുക ഇത്രേം പറഞ്ഞു കൈപ്പറഞ്ഞ കാര്യങ്ങളൊന്നും പറഞ്ഞു പിന്നെ ഇതൊന്നും അല്ലല്ലോ ഇന്ന് സന്യാസമെന്ന് പറയുന്നു ഇത് സന്യാസം എന്നൊക്കെ പറഞ്ഞ ഒരു പോസ്റ്റാണ് ഒരു പ്രമോഷനാണ് അതാണ് ആൾക്കാർക്ക് സന്യാസത്തോടെ ആവേശം ഭ്രാന്തിയൊക്കെ സന്യാസം എന്ന് പറഞ്ഞാൽ ഒരു അതുകൊണ്ട് പല ഗുണമുണ്ടെന്ന് വിചാരിക്കും ഭൗതികമായ ഗുണം അതിനാണ് ആൾക്കാർ സന്യാസത്തിന് തോന്നി അതായത് ത്യാഗം പരോപകാരം ശാന്തി സമാധാനമാണെങ്കിൽ അത് ാഹ്യമായ പ്രകടനങ്ങളൊന്നും ആവശ്യമില്ല അപ്പോ ഇവിടെ പറയുന്നു ഗീതി പറയുന്നു ഇവിടെ പറയുന്ന രണ്ട് കാര്യങ്ങളെന്താണ് കാരുണ്യവും ബന്ധുസ്നേഹവും അങ്ങനെ കുറിച്ച് പറയുമ്പോഴാണ് അങ്ങോട്ടും കാരുണ്യവും ബന്ധുസ്നേഹവും യുദ്ധത്തിൽ നിന്ന് പിന്തിരിയാൻ കാരണമാകരുതെന്നാണ് ഗീതയിൽ തന്നെ പറയുന്നതിനെതിരാണ് ഈ പറയുന്നത് ഗീതയിൽ പറയുന്നത് ഇവിടെ ഇപ്പം പറയുന്നത് എന്താണോ ചൂരോ വൈരി വൈരമുള്ളവനായിരിക്കണമെന്നാണ് ഗീതയിൽ പറയുന്നത് നിർവ്വൈര എന്നാണ് നീ പറയുന്നു വൈര ഇല്ലാത്തവനായിരിക്കണം എന്നാണ് അതാണ് ഗീതയുടെ ഉപദേശം ഇവിടെ പറയുന്നത് നീ വൈരമുള്ളവനായിരിക്കണമെന്നാണ് ഇത് രണ്ടും തമ്മിൽ എങ്ങനെ പൊരുത്തപ്പെടുന്നു മത്കർമ്മ മത്പരമോ നിർവൈര സർവഭൂതേഷും അവിടെ പറയുന്നു ഒരു പ്രാണികളോടും ധൈര്യമില്ലാതിരിക്കുന്നവർ അങ്ങനെ ആയിരിക്കണം ഇരുവനെന്ന് പറഞ്ഞിട്ട് ഇവിടെ പറയുന്നത് എന്താണോ വൈരമുള്ളവനോ വൈരി ആയിരിക്കണം ചൂര്നും വൈരിയുമായിരിക്കണം ഇതങ്ങനെ പൊരുത്തപ്പെടുന്നത് അപ്പോൾ അത് ഞാൻ മനസ്സിലാക്കുന്ന ഇതാണ് വൈരമുള്ളവനായിരിക്കണമെന്ന് പറയുന്നത് അത് പൗരോഹിത്യ സങ്കല്പമാണ് നിർവൈരി ആയിരിക്കണമെന്ന് പറയുന്നത് ഭഗവാന്റെ സങ്കല്പം രണ്ടും കൂടെ ചേരുന്നത് അഹിംസ സമതാ തുഷ്ടി അഹിംസ എന്ന് പറയുന്നത് ഭഗവാന്റെ സങ്കല്പമാണ് ഹിംസ അഹിംസിത്യം എന്ന് പറയുന്നത് പൗരോഹിത്യ സങ്കല്പമാണ് അപ്പ പൗരോഹിത്വം എന്നുകൊണ്ട് പറയുന്നത് എഴുതിയ പുരോഹിതനാണതുകൊണ്ട് അപ്പൊ ഇതെല്ലാം അതിനകത്ത് കലർന്നു പോകും സ്വാർത്ഥ താൽപര്യം കൊണ്ട് ക്ഷത്രിയനെന്ന് അതിനുവേണ്ടി ഹിംസയുടെ ആശയങ്ങൾ മുമ്പോട്ട് എന്നാൽ അതിനു മുമ്പെ സമൂഹത്തിൽ പ്രചരിച്ചിരുന്നു മൈത്രി ഭാവനയും മറ്റും അതിനു മുമ്പ് തന്നെ പ്രചരിച്ചിരുന്നു ആ ഭാവനകളെയെല്ലാം ഉൾക്കൊണ്ട് എന്തിനു വേണ്ടി ഈ ഗ്രന്ഥത്തിനൊരു നല്ല മാന്യത സമൂഹത്തിന് അംഗീകാരം കിട്ടുന്നതിന് വേണ്ടി ഈ രണ്ട് വൈവിധ്യം മനസ്സിലാക്കാത്തതുകൊണ്ട് ആൾക്കാരുടെ പുഴ എന്ന് പറയും ഗീത എന്ന് പറയും ഹിംസയില്ല അങ്ങോട്ട് പറയും ഹിംസയുണ്ട് ഹിംസയുണ്ട് ഉറപ്പായിട്ടും എവിടെയെല്ലാം ഈത്സയെക്കുറിച്ച് പറയുന്നുണ്ടോ വാർക്റൈ വാർക്റൈ എന്ന് പറയുന്നത് എന്താണ് ഗീതഗാതുകൊണ്ട് അത് ഈ പൗരോഹിത്യ സൃഷ്ടിയാണ് എവിടെയാണോ പറയുന്നത് എന്താണോ അദ്വേഷ്ട സർവഭൂതാന എന്ന് പറയുന്നതാണ് ഈശ്വര ഉപദേശം ഇത് വേർതിരിച്ചറിയും അല്ലെങ്കിൽ ഗീതയിൽ നിറയെ വൈരുദ്ധ്യം എന്ന് പറയുന്നത് ഇത് രണ്ടു ഒരാൾക്ക് പറയാൻ പറ്റില്ല അത് സാധ്യമല്ല ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് അതൊരു കാരണം വെച്ചാൽ സാധിക്കും എന്തുകൊണ്ട് ഇപ്പോ ഇസ്രായേൽ ദാസായുദ്ധം യുക്രൈൻ റഷ്യനും ഈ സന്ദർഭങ്ങളിലെല്ലാം ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞു ഈ കാലഘട്ടം യുദ്ധത്തിന്റെ കാലമല്ല ഒരു തവണയല്ല പലതും ഇത് ലോകത്തിന്റെ ഒമ്പനെ വിളിച്ചു പറഞ്ഞാണ് ഞങ്ങളുടെ ആശയം വസതിയോ കുടുംബമോ എന്നുള്ളതാണ് അതുകൊണ്ട് ഇത് പറഞ്ഞാണ് ഈ കാലയുദ്ധത്തിന്റെ കാലമല്ല അത് ശരിയാണ് യുദ്ധം ചെയ്യാനുള്ള കാരണമല്ലേ ഇത് പരസ്യമായും പറഞ്ഞാണ് അല്ലെന്ന് മാറ്റി പറയാൻ പറ്റും ഇത് കേട്ടിട്ടുള്ള ആരെങ്കിലും അപ്പൊ മറ്റുള്ളവരെ ഉപദേശിക്കാൻ വേണ്ടി മാത്രമേ ഉള്ളൂ ഈ അറും അപ്പൊ പറയുന്നതാണ് പാലിക്കൽ പാലികൾ പാലികളെന്നാണ് എന്റെ പിന്നെ എന്താണ് രാജ്യസുരക്ഷ യുദ്ധം അങ്ങനെയുള്ള വലിയ ആരും ഉപദേശിക്കാനുള്ള അറിവൊന്നും എനിക്ക് അതൊക്കെ അതിന് ചുമതലപ്പെട്ടവരെന്തെന്ന് ചോദിച്ചാൽ ചെയ്യട്ടെ പക്ഷെ ഈ ആശയങ്ങളോട് ഈ ലോകത്തിനോട് പറഞ്ഞു എന്താണ് ഇത് ഈ കാല യുദ്ധത്തിന്റെ കാലമല്ല ഒരു പാടില്ലെന്നാ പറഞ്ഞത് പിന്നെ ഈ ആവേശ കമ്മിറ്റിക്കാറുണ്ട് പലരും വിചാരിക്കുന്ന ഇപ്പൊ ഒരു യുദ്ധം നടത്തു കഴിഞ്ഞാൽ നമ്മളെ അമ്പലപ്പുറത്തിലൊക്കെ അടിയടക്കുമ്പോൾ ആൾക്കാർ മാറി നിന്ന് കാണുകയോ അതുപോലെ കണ്ടു രസിക്കുകയാണ് ഇത്രയാണുദ്ധത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട് നമുക്ക് കണ്ടാസ്വദിക്കാം അതങ്ങനെ ആസ്വദിക്കത്തൊരു കാര്യമുണ്ട് ഇന്നത്തെ കാലത്ത് അതുകൊണ്ടാണ് അത് പറയുന്നത് ലോകത്തിലെ രണ്ടാമത്തെ സൈനിക ശക്തിയാണ് റഷ്യ യുക്രൈൻ എന്ന് സൈനിക ശക്തിയല്ല എത്ര വർഷമായി യുദ്ധം ചെയ്യുന്നു രണ്ടുകൂട്ടർക്ക് വാങ്ങുന്ന ആശയവും സമ്പത്തിന്റെ നഷ്ടവും അല്ലാതെ എന്താ മിച്ചം എന്താണോ ഉടനെയും ചേരുന്ന ലക്ഷണമില്ല കാരണം എന്തുകൊണ്ടാണ് ഒരുത്തം ദുർബലനാണെങ്കിൽ അവന്റെ പിന്നിൽ ആയുധങ്ങളുമായിട്ട് ആൾക്കാർ നിൽക്കുകയാണ് അവരുടെ ആയുധങ്ങൾ കച്ചവടം നടന്നു ഇപ്പൊ കടം കൊടുക്കും പിന്നീട് കാശ് വൃത്തമാണ് അപ്പൊ യുക്രൈനിൽ ധാരാളം ആയുധം കിട്ടുന്നുണ്ട് അപ്പൊ അവരും യുദ്ധം ചെയ്യും ജനങ്ങൾ കുറവാണ് അവസാനം മുഴുവൻ മനുഷ്യരും മരിക്കുമായിരിക്കും പക്ഷെ പ്രശ്നം പരിഹരിക്കുന്നു ഭാസ എത്ര കാലമായി നടക്കുന്നു പരിഹരിക്കുന്നു എത്ര മനുഷ്യർ മരിക്കും നിരപരാധികൾ എത്ര പേരും മരിക്കും പരിഹാരമുണ്ട് യുദ്ധം പരിഹാരം ഉണ്ടാക്കുന്നു നമ്മളങ്ങ് തീർത്തു കളയുന്നൊക്കെ വിചാരിച്ചാൽ തീരോ ഇത് നമ്മൾ ദുർബലനെന്ന് കരുതുന്നതിന്റെ പിന്നിലും അർത്ഥവുമായ ആളുകൊണ്ട് അവനെ സഹായിക്കാം എന്തിന യുദ്ധം നടക്കേണ്ടത് ആയുധ കച്ചവടക്കാരുടെ ഒരാവശ്യമാണ് അപ്പൊ അത് വരുമ്പോ ഇന്ത്യ ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് വാർത്ത ഇന്ത്യ നാലാമത്തെ സാമ്പത്തിക ശക്തി ആകാൻ മാറാൻ പോയാണ് അടുത്ത് അങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുക അപ്പോ ഒരു ഫുൾ ഫ്ലഡ് വാറ വന്നു കഴിഞ്ഞാ ഇന്ത്യ വളരെ പ്രകടിപ്പിക്കുന്നു കാരണം ഈ റോഡും പാലവും ഒക്കെ ഉണ്ടാക്കാനുള്ള കാശത്ത് കരിമരുന്ന് കത്തിക്കാൻ വേണ്ടി ചിലവാക്കേണ്ടി വലിയൊരു തിരിച്ചടി ആയിരിക്കും അത് അപ്പൊ ഈ നമ്മൾ ഉത്സവപ്പറമ്പിലെ അടിപൊല കണ്ട് രസിക്കാന്നുള്ള ഒരു കാര്യമല്ല യുദ്ധം പിന്നെ അവിടെ വേറെ വിഷയം വരും എന്നൊക്കെ പറയും ഒരു തീവ്രവാദി ഒന്ന് ആക്രമിക്കുമ്പോൾ എന്ത് ചെയ്യും അതാണ് അടുത്ത ചോദ്യം തീവ്രവാദികൾ വന്നിട്ട് ഇവിടെ വന്ന് മതം ചോദിച്ചിട്ട് പോകുന്നു അത് പലർക്കും അമർഷം ഉണ്ടാക്കുന്ന കാര്യം പേപ്പെട്ടി പേ ഇളകി നാട്ടിലിറങ്ങി മനുഷ്യരെയും പട്ടികളെയൊക്കെ കളിക്കാൻ തുടങ്ങുകയും ചെയ്യും എന്താ ചെയ്യുന്നു പേപ്പട്ടി ഇല്ലാതാക്കുക അതാണ് എൻ്റെ കാര്യം പേപ്പെട്ടി പേ ഇളകി വന്ന് കാരണം അത് പേയിളകിയാണ് പേ ഇളകി കഴിഞ്ഞാല് അത് മനുഷ്യരെയും പട്ടികളെയൊക്കെ കടിക്കും അപ്പോ കൂടുതല് പേരെ അത് കടിക്കുന്നതിന് മുമ്പ് അതിനാതാക്കുക അതാണ് അതിൻ്റെ വഴി അതെന്നെ ഇല്ലാതാക്കുന്നു കഴിഞ്ഞാൽ ബാക്കി പ്രശ്നങ്ങളെല്ലാം ഒഴിവാക്കും ഇപ്പൊ അത് മാത്രമല്ല പറയുന്നു ഇപ്പോഴത്തെ ഇപ്പൊ പറയുന്നത് എന്തെന്ന് വെച്ചാൽ ഞാനത് യപ്പെട്ടി നാട്ടിലിറങ്ങി കടിച്ചവയും അതുകൊണ്ട് പട്ടികളെ നിയന്ത്രിക്കുക ഒരു പിന്നെ ഏറ്റവും പുതിയ നിർദ്ദേശം വന്നിരിക്കുന്ന എല്ലാവരും വാക്സിൻ എടുത്ത കോവിഡ് വാക്സിൻ ആരെയും പട്ടികടിക്കാം പട്ടികടിക്കാൻ സാധ്യതയുള്ളിടത്താണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ എല്ലാവരും വാക്സിൻ പിന്നെ കടിച്ചു കഴിയുമ്പോൾ ഒരു ബൂസ്റ്റർ ഡോസൊക്കെ എല്ലാവരും വേണ്ടി പട്ടി കടിക്കാൻ സാധ്യതയുണ്ട് എന്നാണിപ്പോൾ ഏറ്റവും വലിയ കൊടുവിലത്തെ നിർദ്ദേശം വന്നിരിക്കുന്നത് ഇതൊക്കെ അതെല്ലാം പരിഹാരം മാറുക പട്ടികളെ വാക്സിനേറ്റ് ചെയ്യുക അത് മറ്റൊരു വഴി തെരുവ് പട്ടികളെ നിയന്ത്രിക്കുക ഇങ്ങനെ എന്തെല്ലാം വഴികളുണ്ട് പക്ഷേ പേ പിടിച്ചു കഴിഞ്ഞാൽ അതിനെ ഇല്ലാതാക്കഴി തീവ്രവാദം എന്ന് പറയുന്നത് പേപ്പട്ടികളൊക്കെ പോലെയാണ് അതൊരു ഭ്രാന്താണ് ആരുടെ മനസ്സിലൊരു ഭ്രാന്താണ് തീവ്രവാദി ആയുധവും കൊണ്ട് നിരായുധില്ലാത നിരായുധരായ മനുഷ്യരെ കൊല്ലാൻ വന്നു കഴിഞ്ഞാൽ പേപ്പട്ടി ഇല്ലാതാക്കുന്ന പോലെ തന്നെ അവരെ ഇല്ലാതാക്കഴിയൊന്നുമില്ല ഒരു സ്ഥിരം പരിപാടിയുണ്ട് അവരോടത്തര തുകം കൊണ്ടുവന്ന് ഒരു ജംഗ്ഷന് വന്നിരിക്കും എന്നിട്ട് കാണുന്നവരെയൊക്കെ ജംഗ്ഷനുകളിലെല്ലാം പോലീസുകാർ നീക്കൊണ്ടു ഇങ്ങനെ ആരെങ്കിലും വന്നാൽ അവരെ നോക്കും അവരെന്ത് എത്രയും പെട്ടന്ന് അവരെ പിടിപ്പിക്കും കൂടുതൽ പേരെ കൊല്ലും പേപ്പെട്ടി പേ പിടിച്ചവരുടെ ഒരു വഴിയേ ഉള്ളൂ വേറെ വഴിയൊന്നുമില്ല അവരെ ഇല്ലാതാക്കുക അതും ഒരു കണക്കിൽ ഒരു കണക്കിലെന്താണോ ഹിംസ എടുത്തുകൊണ്ട് അതുകൊണ്ട് ഒരുപാട് ഹിംസ ഒഴിവാകും അത് ഈ കോവിഡിന് വാക്സിനേഷൻ എടുക്കുന്നതിനെയോ അവിടെ ബാക്ടീരിയ ചത്തുപോകും വൈറസ് ചത്തുപോകും എന്നൊക്കെ നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമുണ്ടാകും എന്താണോ അസം ഉണ്ടാക്കുന്നതിനെ കൊല്ലുക അതിനെ പ്രതിരോധിക്കുക കൊല്ലുക അല്ലെങ്കിൽ വന്നിട്ടെന്താണ് ജീവനെ രക്ഷിക്കുക അതുപോലെ തീവ്രവാദം എന്ന് പറയുന്നത് ഏത് മതത്തിന്റെ പേരിൽ ആചാര അതൊരു ഭ്രാന്തം കാരണം ഒരു രാജ്യം വളരെ ശക്തമായ സൈന്യം സുരക്ഷിതമായ കാവൽക്കാരായിട്ട് അവരെ നിൽക്കുന്നു ഇതിൻ്റെ ഇടയ്ക്ക് മൂന്നോ നാലോ പേർ ഒരു തോക്കം കൊണ്ടുവന്നു കാണുന്നവരെയൊക്കെ വിജയിച്ചു കൊണ്ടുപോകാന്ന് ഇത് ഭ്രാന്തല്ലേ കാരണം ഈ വരുന്നവനറിയാം ഇതും കൊണ്ട് അവിടെ ചെന്ന് ആൾക്കാരെ കൊന്നുകഴിഞ്ഞാൽ നമ്മൾ കൊല്ലപ്പെടുന്നു അങ്ങനെ ഉറപ്പാണ് ഇന്നല്ലെങ്കിൽ നാളെ എന്ത് സംഭവിക്കുന്നു നോക്കിയാൽ മതി കാരണം ഇവരെ നേരിടാൻ വളരെ സുശക്തമായൊരു സൈന്യമുണ്ട് ഇവിടെ രക്ഷപ്പെട്ടു പോകാൻ പറ്റത്തില്ല ഇതറിഞ്ഞുകൊണ്ട് ഇതറിഞ്ഞുകൊണ്ട് ഇവരെന്തിനാ തോന്നുകൊണ്ടുവരും അത് ഭ്രാന്താണ് ഇവൻ എവിടെന്നാ ഈ ഭ്രാന്ത് കിട്ടിയത് അവന്റെ മതം പഠിപ്പിക്കുന്നതാണ് എന്താ അവന്റെ മതം പഠിപ്പിക്കുന്നത് അന്യ മതസ്ഥനെ കൊന്നു കഴിഞ്ഞാൽ സ്വർഗ്ഗം കിട്ടും അന്യ എന്താണ് തന്റെ ശത്രുവാണ് അവൻ ശത്രുവാന്ന് വേറെ ഒരു കാരണം കൊണ്ടല്ല അവൻ മറ്റൊരു മതക്കാരനായതുകൊണ്ടാണ് വേറെ കാരണമൊന്നുമില്ല അപ്പൊ അവൻ ധരിക്കുന്ന എന്താണ് അതാണ് അവന്റെ ധർമ്മം എന്ന് എന്തുകൊണ്ടും അതിൽ ധരിക്കുന്നു അവനങ്ങനെ പഠിപ്പിക്കുന്നു നിന്റെ ധർമ്മം എന്താണ് നിന്റെ ദൈവം അല്ലാതെ വേറെ ഒരു ദൈവവും ഇല്ല ദൈവങ്ങളെ ആരാധിക്കുക പറയുന്ന ആ ധർമ്മമാണ് നമ്മുടെ ദൈവത്തിനോട് പങ്കു പറ്റാൻ വേറെ ഒരു ദൈവവും പാടില്ല ഒരേ ദൈവവും അത് നമ്മുടെ ദൈവവും നമ്മുടെ കിതാബിലെഴുതി വെച്ചിരിക്കുന്ന അതിനോട് പങ്കുവറ്റാൻ വേറെ ദൈവങ്ങളൊന്നും പാടില്ല അപ്പൊ ആരെങ്കിലും ഇനി മറ്റു ദൈവങ്ങളെ ആരാധിക്കുകയാണെങ്കിൽ അവരെ കൊല്ലാം അപ്പോ ഈ അവരുടെ മതഗ്രന്ഥങ്ങൾ അവരങ്ങനെ മനസ്സിലാക്കുന്ന അല്ലാതെ കൊല്ലുന്നതിന് യാതൊരു ന്യായീകരണം ഇനി ആ മതത്തിലും തങ്ങൾക്ക് വേറെ എന്തെങ്കിലും അർത്ഥമുണ്ടോ ഉണ്ടായിരിക്കാം പക്ഷെ ഇവരെ പഠിക്കുന്നതും ഇവരെ പഠിപ്പിക്കുന്നതും ഇങ്ങനെയാണ് മറ്റ് വിശ്വാസികൾ മറ്റ് ദൈവങ്ങളെ ആരാധിക്കുന്നവരാണ് അവരെ നിങ്ങൾക്ക് ധൈര്യമായും കൊല്ല കൊന്നുകഴിഞ്ഞാൽ നിനക്കെന്താകുണം അതിൽ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ നിനക്ക് സ്വർഗത്തു പോവാം അഥോവാ പ്രാപ്സ്യസി സ്വർഗം ഇതേ ഒരു വ്യത്യാസം ഈ വാർക്കറി എന്ന് പറയുന്നത് ഏത് ഗ്രന്ഥത്തിനുണ്ടെങ്കിലും അത് അസംബന്ധമാണ് ഒരു കാലഘട്ടത്തിൽ ഈ പടയോട്ടങ്ങളുടെ കാലഘട്ടത്തിലൊക്കെ ഇങ്ങനെ കഴുകി വെച്ചാണ് അത് ആ കാലത്ത് എന്തെങ്കിലും ഒരു സംഗത്യം ഉണ്ടായിരിക്കാം ഈ കാലം യുദ്ധത്തിന്റെ കാലമുണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞു ഞാൻ പറയുന്നു അപ്പോ അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട് ഞാനീ പറയുന്നത് മാത്രമാണ് ഈ കഴിഞ്ഞ ദിവസം ഒരു യുദ്ധത്തെ സംബന്ധിച്ചായതുകൊണ്ട് ഞാൻ കേട്ടു അതില് മാതൃഭൂമി ഒരു ചർച്ച അതില് ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചത് മേജർ വഴി അപ്പോ പുള്ളി ഏത് പാർട്ടിയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ പാർട്ടിക്കാർക്ക് സമാനമാണല്ലോ അതും ഞാൻ പറയും വേറെയും പലരും പറഞ്ഞിട്ടുണ്ട് അന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഒരുപാട് ഓപ്പറേഷനിലൊക്കെ പങ്കെടുത്തയാളാണ് പുള്ളി പറയുന്നത് ഞാൻ സ്ഥിരം പറയുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞു കേട്ടു പറഞ്ഞാൽ ഞാൻ പറയുന്നു അങ്ങനെ യുദ്ധം നാശമേ ഉണ്ടാകത്തുള്ളൂ യുദ്ധത്തിൽ ആരും ജയിക്കുന്നില്ല അതുകൊണ്ട് യുദ്ധം ഒഴിവാക്കേണ്ടതാണ് ചിന്തിക്കുന്നവരിലാണ് എന്താ പറയുന്നത് യുദ്ധത്തിൽ പങ്കെടുത്ത ഒരാളാണിത് പറയുന്നതെന്ന് ഉറക്കും യുദ്ധത്തിൽ ആരും ജയിക്കത്തില്ല അത് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് നോക്കുക അതൊക്കെ എനിക്ക് യൂട്യൂബിൽ കാണാം യുദ്ധത്തിൽ ആരും ജയിക്കുന്നില്ല എന്നാണ് ഇതിന്ന് വലിയൊരു വിഭാഗം പറയുന്ന ഒരു കാര്യമാണ് യുദ്ധത്തിൽ ആരും ജയിക്കില്ല പിന്നെ ഇങ്ങനെയുള്ള പേപ്പട്ടികൾ കടന്നാക്രമണം നടക്കുന്നു ഒരു വഴി എന്ന് പറയുന്നത് ആ പേപ്പെട്ടുകൾ ഇല്ലാതാക്കുക അല്ല വേറെ വഴിയിൽ കൂടുതൽ ഹിംസ ഒഴിവാക്കാൻ വേണ്ടി അതായത് മറ്റൊരു വശമാണ് അതുകൊണ്ട് എന്താണ് ഒരു യുദ്ധമാകാമെന്നില്ല അത് ആ ഒരു അവസരത്തിന് വേണ്ടി മാത്രം ചെയ്യേണ്ട അല്ലാതെ ഒരു യുദ്ധത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ പരിഹരിക്കുക അതുകൊണ്ട് എന്താണ് സ്നേഹം കൊണ്ടോ ബന്ധു സ്നേഹം കൊണ്ടോ കാരുണ്യം കൊണ്ടോ യുദ്ധത്തിൽ നിന്ന് പിന്മാറാമെന്ന് ചോദിച്ചാൽ പിന്മാറാം എന്നാണ് ഇന്ന് പറയേണ്ടത് കാരണം എന്താണ് ലോകം മുഴുവൻ ബന്ധുക്കളാണ് വസ്തുദൈവ കുടുംബം ആരെ കൊന്നാലും ബന്ധുക്കളെ തന്നെ കൊണ്ട് ആരെ സംരക്ഷിച്ചാലും ബന്ധുക്കളെ തന്നെ സംരക്ഷിക്കും അപ്പോ എന്താണ് സർവർക്ക് നാശം വരുത്തുന്ന ഒരു യുദ്ധം അത് ഒഴിവാക്കും പിന്നെ വാക്സിനേഷൻ ആവശ്യമുള്ളടത്ത് അത് ദോഷമുണ്ടെന്ന് പറയാമോ വാക്സിനേഷനാണ് അതുകൊണ്ട് ഇവിടുത്തെ ചർച്ച ഇതാണോ യുദ്ധത്തിൽ നിന്ന് പിന്മാറണം ഇവയിൽ പറയുന്നതനുസരിച്ച് എന്താണ് മുമ്പ് ഇനി വരുന്ന ഭാഗങ്ങളിൽ പറയുന്ന ഉപദേശം വരുന്ന ഭാഗങ്ങൾ യുദ്ധത്തെക്കുറിച്ചും പറയുന്നുണ്ട് അത് മാത്രമല്ല പറയുന്നു അവിടെ പറയുന്ന അഹിംസ സമതാ തുഷ്ടി എന്നൊക്കെ പറയുന്നുണ്ട് അഹിംസ തന്നെ ഉപദേശം നിർവൈര സർവഭൂതേഷ് ഒരു പ്രാണികളോടും വൈരം പാടില്ല എന്ന് പറയുന്നിടത്തും യുദ്ധമല്ല പറയുന്നു അവിടെ എല്ലായിടത്തും അഹിംസ സത്യമക്രോധം എന്ന് പറയുന്നിടത്തും അഹിംസയെ കുറിച്ചാണ് എല്ലാം രീതിയിൽ പറയുന്ന അഹിംസ എന്ന് പറയുന്ന ആശയം അപ്പൊ അതിന് ബദലായി യുദ്ധത്തെ വയ്ക്കാൻ പറ്റില്ല ഒരാൾക്ക് കാരുണ്യമോ സ്നേഹമോ മനസ്സിൽ ബന്ധുസ്നേഹം അങ്ങനെ യുദ്ധത്തിൽ പിന്മാറും അപ്പൊ യുദ്ധത്തിൽ നിന്ന് പിന്മാറാനുള്ള സ്വാതന്ത്ര്യം അത് തടയാൻ പാടില്ല യുദ്ധത്തെ സംബന്ധിച്ച് അങ്ങനെ മനസ്സിലാക്കും തീവ്രവാദത്തെ സംബന്ധിച്ച് ഇങ്ങനെയും മനസ്സിലാക്കും രണ്ടിനും രണ്ടു രണ്ട് സ്ഥലത്താണ് പ്രവർത്തിക്കുന്നത് അതാണ് എന്താണ് അഹിംസയുടെ വക്താവായ ബുദ്ധനോട് സേനാധികൾ ചെന്ന് ചോദിച്ചു അദ്ദേഹം ഒന്ന് ഈ ഉപദേശമൊക്കെ നടത്തി ഞാൻ പറഞ്ഞിട്ടുള്ള അത് പറയുന്നത് മൈത്രി ഭാവനയാണ് സർവ്വപ്രാണികളോട് മൈത്രി ഭാവനകളെന്നാണ് അപ്പൊ ആര് ശത്രുക്കളില്ല പിന്നെ ഇനി എന്തിനാ സൈന്യം സൈന്യത്തെ തിരിച്ചു കൊടുക്കും വേണ്ട പാടില്ല വേണ്ട പാടില്ല എന്തുകൊണ്ട് അക്രമികളെ അമർച്ച ചെയ്യാൻ സൈന്യം എന്നിട്ട് തീവ്രവാദി അതാണ് അക്രമികൾ അവരെ അമർച്ച ചെയ്യാൻ സൈന്യം വേണം അങ്ങനെയുള്ള എന്താണ് അപ്രായോഗികമായ അഹിംസയല്ല ബുദ്ധൻ പറഞ്ഞത് ബുദ്ധൻ പറഞ്ഞത് പ്രായോഗികമായ അഹിംസ എന്നാ അഹിംസയെ പ്രോത്സാഹിപ്പിച്ചിട്ട് ഈ വാർക്രൈ അതിനെ പ്രോത്സാഹിപ്പിച്ചു അന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് എന്തുകൊണ്ടാണ് രാജാക്കന്മാരെല്ലാം സൈന്യങ്ങളെ സംഘടിപ്പിക്കുന്നു അടുത്ത രാജ്യങ്ങളെ ആക്രമിക്കുന്നു സാമ്രാജ്യം വലുതാക്കുന്നു ഭൂമി പിടിച്ചെടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ പെണ്ണുങ്ങളെ പിടിച്ചെടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ട്രഷറി പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള യുദ്ധങ്ങളാണ് യുദ്ധം നിരോധിച്ചത് ഒരു രാജ്യത്തിനകത്ത് സമാധാനവും ശാന്തി നിലനിർത്തുന്നതിന് അക്രമികളെ അമർച്ച ചെയ്യുന്നതിൽ സൈന്യം വേണ്ടെന്ന് യുദ്ധം പറഞ്ഞിട്ടുണ്ട് ുദ്ധനെ ദ്രവ്യ ദ്രുവ്യാഖ്യാനം ചെയ്തിട്ടാണ് ഈ പുരോഹിതന്മാരെ ബുദ്ധന്റെ ആക്ഷേപമൊക്കെ കൊണ്ടുവന്നു ഇതൊക്കെ വ്യത്യസ്തമായി തന്നെ മനസ്സിലാവും അതുകൊണ്ട് ഗീതയിൽ മുമ്പ് പറയുന്ന ഭാഗങ്ങൾ ഇവിടെ പറയുന്നു വൈരം നല്ലതല്ല പക്ഷെ മതം മനുഷ്യനും ഭ്രാന്തനാക്കിയാൽ ചെയ്യും അവരെങ്ങനെ കൈകാര്യം ചെയ്യും പട്ടിക്ക് പേ പിടിച്ചാൽ ചെയ്യും അതില്ലാതാക്കുക വേറെ വഴിയൊന്നും പക്ഷെ അത് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം സമൂഹങ്ങൾ തമ്മിലുള്ള യുദ്ധമായി മാറി കഴിഞ്ഞാൽ അതെല്ലാവർക്കും ദോഷം ഒരാൾക്ക് മാത്രം ഞാൻ അറുപത്തിരണ്ടിലെ യുദ്ധം കണ്ടിട്ടുണ്ട് അന്ന് ഞാൻ എഫ് പി സ്കൂളിൽ പഠിക്കുകയാണ് അറുപത്തി അഞ്ചിനായിട്ട് കൊണ്ട് അങ്ങനെ യു പിയിലായി പിന്നെ എഴുപത്തിയൊന്നിന് എഴുപത്തിരണ്ടിന് എഴുപത്തി ഒന്നിനായി അങ്ങൾ ഈ എൽ പി സ്കൂളില് ആയുധം നടക്കുമ്പോഴത്തേക്ക് ഞാനായിരുന്ന സ്കൂൾ ലീഡർ അപ്പൊ അന്ന് ഞങ്ങളെയൊക്കെ കൊച്ചുകുട്ടികളെ റോഡിലിറങ്ങി മുദ്രാവാക്യം വിളിപ്പിച്ചു പാറ്റൻ ടാങ്കും അന്ന് ഞാൻ വിളിച്ചു കൊടുത്ത് മുദ്ര ആ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടോന്നെക്കറിയത്തില്ല രണ്ടു ലോക മുദ്ര പഠിക്കുകയാണ് യുദ്ധത്തിന്റെ അന്ന് കഷ്ടമാരി അന്ന് നാട്ടിലൊക്കെ യുദ്ധം വന്നു കഴിഞ്ഞപ്പോ വരിക ഇന്നത്തെ പോലെയുള്ള സാമ്പത്തിക അഭിവൃദ്ധിയൊന്നും വന്നില്ലല്ലോ വലിയ കഷ്ടപ്പാടുകൾ അരിക്ക് വിലക്കൂടി ആൾക്കാരൊക്കെ കപ്പ തിന്നു അറുപത്തഞ്ചിലായപ്പോഴത്തേക്ക് പിന്നെ ഗോതമ്പിനെ ആശ്രയിച്ച് അന്ന് അരി കിട്ടാലേ എഴുപത്തൊന്നായപ്പോ അത്രയും വലിയ പ്രശ്നങ്ങൾ വന്നില്ല എന്നാലും ബുദ്ധിമുട്ടുണ്ടായിരുന്നു സാധനങ്ങൾക്കെല്ലാം വിലക്കൂടി ഇതെല്ലാം എനിക്ക് ഓർമ്മയുണ്ട് കാരണം ഞാൻ അപ്പോഴേ പത്രം ഡിബേറ്റുകളിൽ പങ്കെടുക്കുന്ന ആളാണ് അതുകൊണ്ട് ഇതിനെക്കുറിച്ചൊക്കെ എനിക്ക് കുറച്ച് ബോധം അന്നേ ഉണ്ടായിരുന്നു അപ്പോ യുദ്ധം യുദ്ധത്തിനെ കുറിച്ച് അന്ന് തന്നെ എന്റെ മനസ്സിൽ പിന്നെ എന്താണ് ഒരു അനുകൂല മനോഭാവം ഉണ്ടായിരുന്നു ഇന്ന് പലരും വിചാരിക്കുന്ന യുദ്ധം എന്ന് സ്പോർട്സ് പോലെയാണ് എന്തായാലും സ്പോർട്സ് പോലെ നമുക്ക് കണ്ടിലെത്തിക്കാം എന്നൊക്കെയാണ് വിചാരിക്കുന്നത് അതുണ്ടാക്കുന്ന പ്രത്യാഘാതം വളരെ വലുതാണ് എല്ലാ യുദ്ധങ്ങളിലും എന്റെ കാരണം ഒരുപാട് പട്ടാളക്കാർ ഉണ്ടായിരുന്ന ഒരു ഫാമിലിയായിരുന്നു അപ്പോ അവരുടെയൊക്കെ ദുഃഖം അവിടെയൊക്കെ ഭാര്യമാരുടെ ദുഃഖം മക്കളുടെ ദുഃഖം എല്ലാം ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോ അതുകൊണ്ട് ഒക്കെ ആയിരിക്കും ഒരു പക്ഷെ ഇത് നല്ലതല്ലാന്ന് എനിക്ക് തോന്നിയത് ഒരു ഞങ്ങളുടെ ഒരു ബന്ധുവിന്റെ അറുപത്തിയഞ്ചില് അറുപത്തിയഞ്ചില് ആ അറുപത്തി അഞ്ചില് ഇദ്ദേഹത്തിൽ ഒരു ബന്ധുവിന്റെ ഭർത്താവും മരിച്ചുപോയി അപ്പോ അന്ന് ഇദ്ധം മരിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ വരുന്ന ഒരു പെട്ടിയാണ് ആ പെട്ടിക്കകത്തൊന്നും കാണത്തില്ല ഇയാളുടെ പേരും ഒക്കെ കഴിഞ്ഞ പെട്ടി വന്ന് ഈ പെട്ടി വന്ന് കഴിഞ്ഞ കഴിഞ്ഞപ്പോഴത്തേക്ക് ആ സ്ത്രീ ഭ്രാന്തി ആയിക്കോട്ടെ അവര് ജീവിതകാലം മുഴുവൻ ഭ്രാന്തിയായി ഇതൊക്കെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് അപ്പൊ എനിക്കെങ്ങനെ യുദ്ധം തമ്മിൽ അടിക്കട്ടെ കണ്ട് സന്തോഷിക്കാം എനിക്കെങ്ങനെ പറയാം മരണ മുര ഒരു ഭ്രാന്തി ആയിക്കോട്ടെ വരാൻ കാരണമുണ്ട് വിവാഹം കഴിഞ്ഞ് ഒരു മാസത്തിനകം ഇയാള് കൊട്ടാളത്തെ ഇയാളെ വിളിച്ചതുകൊണ്ട് പിന്നെ ഏതാനും ദിവസം കഴിഞ്ഞപ്പോ വീട്ടിൽ വന്ന വെട്ടിയാണ് അപ്പൊ മനുഷ്യന്റെ മനസ്സിലതുണ്ടാകുന്ന ആ കാർ സമൂഹത്തിൽ ഉണ്ടാകുന്ന ആ ആക്കാർ നമ്മൾ വിചാരിക്കും എന്താണ് അടുത്ത രാജ്യത്തിലേക്ക് മൂന്നാല് മിസൈല് വിട്ട് കഴിഞ്ഞ നമ്മൾ ജയിച്ചത് ആ അതില് പ്രശ്നം തീരുകയാണെങ്കിൽ ഓക്കെ പക്ഷെ തീരുമെന്നൊരു ഉറപ്പും അവർ തിരിച്ചു അവിടെയും മനുഷ്യരും മരിക്കും ഇവിടെയും മനുഷ്യരും മരിക്കും അത് വളർന്നു വളർന്നു വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് പിടിച്ചാൽ നിൽക്കത്തില്ല യുദ്ധവാർത്തകളൊക്കെ വായിക്കുക അപ്പം മനസ്സിലാവും നമുക്കിതിനെ പ്രോത്സാഹിപ്പിക്കാം പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ് എങ്ങനെയും മനുഷ്യനെ കൊല്ലാതെ പരിഹരിക്കുക അതുകൊണ്ട് ഈ പറയുന്ന പൂർവക്ഷം അല്ലെങ്കിൽ സിദ്ധാന്തമായിട്ടായിരിക്കും എന്താണ് ബന്ധുസ്നേഹം കൊണ്ടോ കാരുണ്യോ കാരണം ഇതേ തന്നെ പറയുന്നത് മൈത്ര കരുണയവച്ച്വൻ മൈത്രി ഭാവനയും കരുണയും ഉള്ളവനായിരിക്കും അപ്പൊ കാരുണ്യം കൊണ്ടൊരാൾ കൊല്ലാതിരുന്ന നല്ലത് ഇത് ഗീത ഇത് പറയുന്ന യുദ്ധം ഒരു തീവ്രവാദി ആക്രമണമൊന്നുമില്ല രണ്ടു കൂട്ടനും ഒരുപാട് പ്ലാൻ ചെയ്ത് ഒരുപാട് സന്നാഹങ്ങളൊന്നു വരികയും നേരിട്ട് നേർ നിന്ന് യുദ്ധം ചെയ്യുകയാണ് ആ യുദ്ധത്തെ കുറിച്ച് മുമ്പ് ഭീഷ്മരും ദ്രോണരും ഗ്യാസരും എല്ലാവരും പറയുന്നുണ്ട് അർജുനനോടും പറയുന്നുണ്ട് ഇത് സർവനാശം വരുത്തുന്ന യുദ്ധമാണ് ഇത് ആര് ാശം മാത്രമേ ഉണ്ടാകൂ എന്ന് പറയുന്ന ഒരു യുദ്ധം ഇത് കേട്ടുകേട്ട് മനസ്സിലിരിക്കുന്ന ഒരാളാണ് സർവനാശം ഉറപ്പായ ഒരു യുദ്ധം അങ്ങനെ ഇത് അവസാനിക്കൂ എന്നറിഞ്ഞാൽ ഒരാൾക്ക് ബന്ധുസ്നേഹവും മനസ്സിൽ കാരണവും വന്ന് പിന്തിരിയുന്നതിൽ എന്താ തെറ്റ് കൂടുതൽ എന്താ അവിടെ സംഭവിക്കാൻ പോകും മറ്റു പരിഹാരങ്ങൾ വീണ്ടും തേടാൻ ഏതെങ്കിലും മറ്റൊരു വഴിയോ ഇത് പരിഹരിക്കാം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ചിന്തിക്കാൻ അതുകൊണ്ട് ഇവിടുത്തെ ഈ ഭൂർപക്ഷം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച സിദ്ധാന്തമാണ് അതെന്റെ വ്യക്തിപരമായ അഭിപ്രായം അപ്പൊ ഇത് ഗീതയുടെ മുൻപ് പറയുന്ന ഭാഗങ്ങളെ കുറിച്ച് വേണ്ടത്ര ചിന്തിക്കാതെയാണ് ഈ ഭാഷ വലിയ എന്താണോ വേഷാം കർണ നിര്യോധന ഗീത മഹാരഥാനം ശൂരോ വൈരി വൈരി ഈ വൈരിയാണ് വൈരമുള്ളവനാണ് അപ്പൊ ഇവിടെ പക്ഷികാരം പറയുന്നത് നീ വൈരമുള്ളവൻ ആയിരിക്കണമെന്നാണ് ഗീത പറയുന്നത് നൃവൈരൻ ആയിരിക്കണമെന്നാണ് ഇത് രണ്ടും എങ്ങനെ ചോദിക്കും പറയാം അറുപത് ഭക്തന്മാർക്ക് വേണ്ടി പറയുന്ന ഭഗവാൻ അർജുനോട് പറയുന്നത് എന്താണ് ഭക്തോസി നീ എന്റെ ഭക്തനാണെന്നാണ് പറയുന്നത് അപ്പൊ അർജുനും ഭക്തൻ തന്നെയാണ് ഞാൻ നിന്നോട് ഇതൊക്കെ ഉപദേശിക്കുന്നത് നീ എന്റെ ഭക്തനാണെന്ന് കരുതിയിട്ടാണ് അപ്പൊ ഭക്തന്മാർക്ക് വേണ്ടിയാണോ അതൊക്കെ പറഞ്ഞിരിക്കുന്നതെങ്കിൽ അർജുനനും ഭാഗമാണ് കാരണം അർജുനും ഭക്തനാണെന്ന് ഭഗവാൻ പറയണം പ്രിയതനോ ഭൂമി എനിക്ക് ഏറ്റവും പ്രിയമുള്ളവനാണ് നീ ലോകത്തിലേറ്റവും പ്രിയപ്പെട്ടവനാണ് പണ്ടവാനം ധനഞ്ജയം മാത്രമല്ല നീ എന്താണ് ഞാൻ തന്നെയാണ് ഇങ്ങനെയൊക്കെയുള്ള ഉപദേശങ്ങളാണ് അത്രയും അർജുന സ്വന്തം ഓളാക്കിയിട്ടാണ് പറയുന്നത് അപ്പൊ ഭക്തനാണ് അർജുനൻ അർജുനൻ ഏറ്റവും വേണ്ടി ഭക്തി ഉള്ളത് കൊണ്ടാണ് പറയുന്നത് നിനക്ക് ഞാൻ വിശ്വരൂപം ദർശനം നിനക്ക് മാത്രം അത് കാണിച്ചെന്ന് നീ ഭക്തനായതുകൊണ്ടാണ് അപ്പൊ ഭക്തനല്ലേ അപ്പൊ ഭക്തന് പറഞ്ഞ കാര്യങ്ങൾ അർജുനന്റെ ബാധകമല്ലേ ടയ്ക്ക് ഇതിന് വിരുദ്ധമായ കാര്യങ്ങൾ വരുന്നതാണ് അതുകൊണ്ട് വൈദ്യ ആയിരിക്കണം എന്ന് പറയുന്നത് ഗീതയുടെ എസൻസിനോട് യോജിക്കത്തില്ല പക്ഷെ അങ്ങനെ ഒരു ആശങ്കിതയിലുണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റില്ല ഗീതയിൽ ഹിംസയില്ല യുദ്ധമില്ലെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് എന്തെയ്യുന്നു ബഹുമതോ ഭൂത്തോ ആ ശരിയാണ് ഈ പോരാളികൾ അവർക്ക് വീര്യവും സൂര്യവും പരാക്മുണ്ടെങ്കിൽ എല്ലാവരും അവരെ ബഹുമാനിക്കും അത് ശരിയാണ് അതിന് സംശയമൊന്നും ഉള്ള കാര്യങ്ങളല്ല പക്ഷെ ഗീത അതിനെ എത്രമാത്രം പ്രോത്സാഹിപ്പിക്കുന്നു ഗീതയെ മറിച്ചു പറയുന്ന ആശയം എന്താണെന്നുവിടെ ചിന്തിക്കുന്നു എന്നാലും നമുക്ക് ഗീതയെ ശാന്തിയുടെ സമാധാനത്തിന്റെ ഒരു ഗ്രന്ഥമായിട്ട് എടുക്കാൻ പറ്റും അല്ലെങ്കിൽ ഗീതെ ഗ്രന്ഥമായിട്ട് പറയുന്നു അത് പറഞ്ഞാ പിന്നെ അത് ഒരുപാട് പേർക്ക് മനസ്സിലായ കാര്യമാണ് അതുകൊണ്ടാണ് അവർ പറയുന്നത് യുദ്ധം പറയുന്നില്ല ഇപ്പോൾ പറയുന്നില്ല എന്ന് പറയുന്നത് സത്യസന്ധതയാണ് പറയുന്നുണ്ട് പക്ഷെ അതിനെ വേറെ തിരിക്കും എന്നാണ് എന്റെ അഭിപ്രായം ഇതാണ് ഈ യുദ്ധേ സമൂഹസ്ഥലേക്ക് യുദ്ധം വന്നു കഴിഞ്ഞപ്പോ ഇന്നിവിടത്തെ വ്യാപാരതയാണ് ഈ എല്ലാ നിർത്തിവെച്ച് ലാഘവ നിസ്സാരനായിപ്പോ ഇതൊക്കെ ഓരോ സന്ദർഭങ്ങൾ അനുസരിച്ച് മനസ്സിലാക്കാറുള്ള പ്രധാനമായിട്ടും സന്ദർഭം അനുസരിച്ച് മാറുമ്പോൾ ഒരു യുദ്ധത്തിന്റെ നാശനഷ്ടങ്ങളൊക്കെ കുറിച്ച് ചിന്തിച്ച് ഒരു േന നായകൻ യുദ്ധത്തിൽ പിന്തിരിയെ നല്ല കാര്യം യുദ്ധത്തിൽ ആരും ജയിക്കുന്നില്ല എന്നുള്ള ഉറപ്പിച്ചുകൊണ്ട് പിന്തിരിയാണ് അതുകൊണ്ടാണ് മഹാഭാരത യുദ്ധത്തിൽ ആരും ജയിക്കാറ് ജയിച്ചു വന്ന് കരുതിയ പാണ്ഡവന്മാരെ സംബന്ധിച്ചു നമുക്ക് നഷ്ടം മാത്രമേ ഉള്ളൂ ഒടുവിൽ ധർമ്മപുത്ര സംബന്ധിച്ചു നമ്മൾ ഇതൊരു പരാജയമാണോ നേരത്തെ ഇതറിയാമായിരുന്നു അപ്പൊ കഥ ആ കഥയിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും പാഠം പഠിക്കാനുണ്ടെങ്കിൽ എന്താണ് ആരും ജയിക്കുന്നില്ലെന്നുള്ള പാഠമാണ് എന്ന് യുദ്ധത്തിൽ അങ്ങനെ തന്നെയാണ് ഇവിടെ ഒന്നും രണ്ടും ലോകമഹായുദ്ധങ്ങളുണ്ടായി ആര് ജയിച്ചു ആരും ജയിച്ചു ഞാന് ആദ്യം ഗുജറാത്തിലേക്ക് പോകും ഞങ്ങളുടെ കെട്ടി പോകുമ്പോൾ ആദ്യം ഗുജറാത്ത് തോമസ് അവിടെ പല സ്ഥലങ്ങളും പോയി അവിടെ ചില സ്ഥലങ്ങളിലും പല സ്ഥലങ്ങളിലും ബങ്കറുകൾ നമുക്കറിയിട്ടില്ല യുദ്ധം വന്നപ്പോ ആൾക്കാർ കയറി രക്ഷപ്പെടായ അത് മാത്രമല്ല പല സ്ഥലങ്ങളിലും വലിയ കുഴികളുണ്ടെന്ന് ബോംബ് വീണാണ് നമ്മളറിഞ്ഞില്ല നമ്മളറിഞ്ഞ പാകിസ്ഥാനില് മാത്രമാണ് ബോംബ് വീണത് അവിടെ ചെന്ന് കണ്ടപ്പോഴാണ് മനസ്സിലാക്കിയത് ബോംബ് നമ്മുടെ രാജ്യത്ത് വീണു പക്ഷെ നമ്മുടെ പത്രങ്ങളെ അത് പറയട്ടെ മിസൈലിന് അങ്ങോട്ട് പോകാനും വഴിയുണ്ട് ഇങ്ങോട്ട് വരാനും വഴിയുണ്ട് അത് നമ്മൾ മറക്കരുത് ഒരു വഴിക്ക് മാത്രം പോകുന്ന സാധന എഴുപത്തി ഒന്നിന്റെ യുദ്ധം അന്ന് നമ്മള് ഞങ്ങളൊക്കെ ഇതുപോലെ തന്നെ ഒരു ആവേശത്തോടെ പിടിക്കുന്നതാണ് പഞ്ചാബ് സെന്റ് കിലോമീറ്റർ ഇന്ത്യൻ സൈന്യ ഉള്ളിൽ കയറി എന്ത് സന്തോഷം വരുന്നെന്നും ബംഗ്ലാദേശിനിടെ പക്ഷെ പിന്നീട് കുറെ കാലം കഴിഞ്ഞാണോ യുദ്ധത്തെ കുറിച്ച് നോക്കിപ്പോൾ അറിയുന്നത് അതുപോലെ തന്നെ പഞ്ചാബിനും പാകിസ്ഥാനും സൈന്യത്തിനുള്ളിലേക്ക് കയറി കൊറേ മനുഷ്യർ മരിച്ചു അവസാനം ചെയ്യുന്നു രണ്ടുപേരും പിൻവാങ്ങി ലൈൻ ഓഫ് കൺട്രോളുണ്ട് അതുകൊണ്ട് എന്താ ഗുണം ഇനി ബംഗ്ലാദേശ് അവിടെ വലിയ യുദ്ധം നടത്തി അവരെ എല്ലാം ശരിയാക്കി കീഴ്പടിച്ച അന്ന് ആ യുദ്ധം തുടങ്ങുമ്പോൾ ഞാൻ ഹൈസ്കൂളിൽ പഠിക്കും അന്ന് എന്നോട് എൻ്റെ നാട്ടിലുള്ള ഒരാൾ പറഞ്ഞ് എനിക്കത് മനസ്സിലായി പറഞ്ഞു ഈ യുദ്ധ അനാവശ്യമാണ് ചെയ്യാൻ പോയി ഞാൻ വെച്ചാൽ നമ്മളിവരെ തോൽപ്പിച്ചല്ലോ അവരെ കീഴ്പ്പെടുക്കുകയല്ല ഞങ്ങളുടെ നാട്ടിലൊരു സാറാണ് ഒട്ടേറെ സാറ് എന്നോട് പറഞ്ഞു അത് നമുക്ക് വിജയമല്ലേ പറഞ്ഞ ഒരിക്കലും വിജയമല്ലേ എന്തുകൊണ്ട് നാളെ യുവന്മാർ നമ്മളോട് യുദ്ധം ചെയ്യും നമ്മളല്ലേ അവര് അവർക്ക് രാജ്യം ഉണ്ടായിക്കൊടുത്തത് അല്ല കാരണം അവരുടെ മതം പഠിപ്പിക്കുന്ന അതാണ് അതുകൊണ്ട് നാളെ അവർ യുദ്ധം ചെയ്യും ഞാനത് വിശ്വസിച്ചല്ലോ പക്ഷെ ഇപ്പോൾ അവിടെ നമ്മളോട് യുദ്ധം ചെയ്തിട്ടുണ്ടെങ്കിൽ ഹിന്ദുക്കളോട് യുദ്ധം നടക്കുന്നുണ്ട് ഭാഗ്യമായെങ്കിലും അവർ സംഭവിക്കുന്നുണ്ട് അന്ന് നമ്മളൊക്കെ വലിയ ഗംഭീരമായി ആഘോഷിച്ചു യുദ്ധത്തിൽ ജയിച്ചിരുന്നു പക്ഷെ ഇന്നും ഇപ്പൊ അവരാരോപിക്കുന്ന ഇന്ത്യ അങ്ങനെ ആക്രമിക്കാം നോർത്ത് ഈസ്റ്റ് ആക്രമണം നടത്താൻ പ്ലാൻ ചെയ്യുകയാണ് യുദ്ധം അങ്ങനെ ഇതാണ് ശുഭപരിവസായി അത് ഭാവിയിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതം നമുക്കിപ്പോൾ പ്രവചിക്കാൻ പറ്റത്തില്ല ഇന്നിപ്പോ എന്തായി നമ്മളിത്രയും പട്ടാളക്കാരെ പോയി കുറെ പേരൊക്കെ മരിച്ച് സ്വാതന്ത്ര്യം നേടിയിട്ടിപ്പോ അവര് നമ്മളെ ആക്രമിക്കാൻ അവിടെ തയ്യാറെടുക്കുകയുള്ളു ഇതാണ് യുദ്ധത്തിന്റെ ഓർമ്മയിൽ വന്ന കാര്യങ്ങൾ പറയുകയുള്ളൂ ഈ വാർ ക്രൈം നടത്തുന്നവരിതൊക്കെ അറിഞ്ഞിരിക്കുന്ന ആവേശ കമ്മറ്റുകാര് ഇവിടെയും കാണുന്നുള്ളൂ അതുകൊണ്ട് ഞാനിതൊക്കെ പറഞ്ഞു തേ മഹാരഥാ ത്വാം ഭയാ ഭരതം വംശ്യതേ പറയുന്നു ഭയം നീ പിന്മാറിയെന്ന ഒരു കരുതും എന്തിനു കരുതൽ ഭയം കൊണ്ട് പിന്മാറിയ അജിനെന്തെങ്കിലും സ്വയം പറയണ്ട പ്രഖ്യാപിച്ചല്ലോ ഞാൻ അവരോടുള്ള സ്നേഹം കൊണ്ടും ദാരുണ്യം കൊണ്ടുമാണ് ഞാൻ പിന്മാറുന്നതെന്ന് അർജുനം പ്രഖ്യാപിച്ചു കഴിഞ്ഞു പിന്നെന്തിനാ അവരങ്ങനെ കരുതുന്നത് മഹാരഥന്മാര് അതിന്റെ ആവശ്യമുണ്ട് അർജുനൻ പരസ്യമായി പറയുകയുള്ളു എന്നിട്ട് അവർ കൊല്ലാൻ വയ്യായ ഗുരുക്കന്മാരും കൊല്ലാൻ പയ്യ അവരോട് ഞാൻ പിന്മാറുന്ന അവർക്ക് പറയാം അർജുനൻ ഭയക്കാത്തവനാണെന്ന് അർജുനൻ പരിചയമില്ലാത്ത ആളു ശൂരാണ് ആയവൈ ആ ശത്രു ഭയത്തെ ശൂര്യന്മാര് വീണ്ടും പറയുന്നുള്ളവനായിരുന്നു ശത്രുതയുള്ളവനാണ് നീന്തിന പറയുന്നത് സമ ശത്രു ചിത്രേ എന്ന് പറയേണ്ട ആവശ്യമാണ് നമ്മുടെ മനസ്സിൽ ശത്രുത നല്ല പറയുന്നതെങ്കിൽ അല്ല ശത്രു മിത്ര ഭാവം എന്ന് പറയുന്നത് അതിന്റെ അർത്ഥം ഒരാളോട് ശത്രുതയില്ലെങ്കിൽ അവനെ പിന്നെ എങ്ങനെ ആക്രമിക്കും രണ്ടു കൂടെ എങ്ങനെ ചെയ്യും സ്നേഹം കൊണ്ടൊരാള് കരളെ കുറ്റിക്ക് ആരെങ്കിലും പഠിക്കും ഈ ശത്രുത വന്നിട്ടാണ് ഈ രണ്ടു കൂടെ എങ്ങനെയാ പൊരുത്തപ്പെടുന്നത് ഒരാളോട് യുദ്ധം ചെയ്യുക ഹൃദയം യുദ്ധം ചെയ്യുക അയാളെ കൊല്ലാൻ ശ്രമിക്കുക എന്ന് പറയാൻ ശത്രുത ഉണ്ടവിടെ ശത്രുവയും പണ്ടുകൊണ്ട് തന്നെയാണ് അങ്ങനെ പറയുകയാണെങ്കിൽ പിന്നെ ശത്രുവും ഇത്ര ആ മനോഭാവം പാടില്ല നിർവൈര സർവ്വഭൂതേഷി ഇതൊക്കെ ഇങ്ങനെ എല്ലാ ഭൂതങ്ങളും അത് ശരിയാണെന്നു എല്ലാ ഭൂതങ്ങളും എന്താണ് ഈശ്വരൻ അതുകൊണ്ട് അതാണല്ലോ അതുകൊണ്ട് ഈ ഭ്രാന്തിന് ചികിത്സിക്കുന്നത് വേറൊരു കാര്യമാണ് യുദ്ധം മറ്റൊരു വിഷയമാണ് രണ്ടുപോലെ പോലെ കാണാൻ പറ്റില്ല രണ്ടിനും കൂടെ കൂട്ടി കഴിക്കാൻ പറ്റും അത്ര ശരീരത്തിന്റെ ഒരവയൊക്കെ കേടുവന്നു കഴിഞ്ഞാൽ ചിലപ്പോ അവയവം മുറിച്ചു മാറ്റേണ്ടി വരും ശരീരത്തെ മുഴുവൻ തുണ്ടം തുണ്ടായിട്ട് മുറിക്കും ഇല്ലല്ലോ അവിടെയും നോക്കുന്ന ആത്മരക്ഷയാണ് അപ്പൊ ഈ ഭ്രാന്തന്മാരെ ഇല്ലാതാക്കുന്നതെന്ന് പറയുന്ന മൊത്തം സമൂഹത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് യുദ്ധം എന്ന് പറയുന്നത് അങ്ങനെയല്ല സമൂഹത്തെ മുഴുവൻ നശിപ്പിക്കുന്നുണ്ട് എല്ലാർത്ഥിക്കും അതുകൊണ്ട് വൈരം ശത്രു ഇത്തരം ആശയങ്ങളൊക്കെ മനസ്സിൽ നിന്ന് കളയണമെന്നാണ് ഗീത പഠിപ്പിക്കുന്നത് അതുമ്പോട്ടും ഇടയ്ക്കിടയ്ക്ക് യുദ്ധവും വരും ഇത് പൊരുത്തമൊക്കെ ഇതിൽ ഒന്നേ സ്വീകരിക്കാൻ ഒന്നേ യുദ്ധത്തെ സ്വീകരി അതിന്റെ ഭവിഷ്യത്തുകൾ അനുഭവിക്കുക അല്ലെങ്കിൽ സമസ്തർവേഷു ഭൂതേഷു എന്ന് പറയുന്ന സമത്വത്തെ സ്വീകരിക്കുക അത് ഒരാളല്ല ഒരു വ്യക്തിയിൽ നടക്കുന്ന കാര്യമില്ല ലോകം മുഴുവൻ ഈ ആശയത്തെ സ്വീകരിച്ചാലല്ല അപ്പോ മനുഷ്യൻ ഒരു ഒരു മതഭ്രാന്തൻ വന്നിട്ട് ഇവിടെ ഒരു ഹിന്ദുവിനെ കൊന്നുകഴിഞ്ഞാൽ അവന്റെ മതം ചോദിച്ചിട്ട് അവനെ കൊന്നുകഴിഞ്ഞാൽ അപ്പോ യാതൊരു കാരണം കൂടാതെ മനുഷ്യൻ എങ്ങനെ ചിന്തിക്കണം അത് ഹിന്ദുവിൻ്റെ നഷ്ടമായിട്ട് കാണരുത് മനുഷ്യ സമൂഹത്തിന്റെ നഷ്ടമായിട്ടാണ് കാരണം മനുഷ്യ സമൂഹത്തിലാണ് അതപ്പം തന്നെ സംഭവിച്ചത് ആ നഷ്ടമെന്ന് പറയുന്നത് മനുഷ്യ സമൂഹത്തിൻ്റെതാണെന്ന് തിരിച്ചറിയുമ്പോഴാണ് അവന് അതിന് ശരിയായ പ്രതിവിധി കണ്ടെത്താൻ പറ്റും വീണ്ടും അതായത് ഒരു ജാതിയുടെ നഷ്ടമാണോ അല്ലെങ്കിൽ ഒരു മതത്തിൻ്റെ നഷ്ടമാണെന്ന് കണ്ടാൽ അതിനൊരു പ്രതിവിധി വരികലും കണ്ടെത്താൻ ഹിംസ ഇല്ലാതായത് ഏതെങ്കിലും ഭ്രാന്തന്റെ മനസ്സിൽ നിന്നില്ല മനുഷ്യ സമൂഹത്തിൽ നിന്നില്ലാതെ മനുഷ്യ സമൂഹത്തിന്റെ മനസ്സിൽ നിന്നില്ലാതായാലും അപ്പൊ മനുഷ്യർക്ക് എല്ലാവർക്കും ഉഴപ്പുള്ളാമെന്നുള്ള ആശയങ്ങളെ മനുഷ്യ സമൂഹത്തെ നിലനിൽക്കാൻ സഹായിക്കും കാരണം മനുഷ്യന് ഈ ഭൂമി അല്ലാതെ വേറൊരു സ്ഥലത്തില്ല ജീവിക്കുക ഇനി മനുഷ്യന് ഏതെങ്കിലും കാരണവശാൽ കണ്ടെത്തിയാലും മനുഷ്യനവിടെ എത്തിച്ചേരാൻ കഴിയത്തില്ല ഇന്നത്തെ ഒരു രീതി ജീവന്റെ സാന്നിധ്യം എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള ജീവനൊന്നുമല്ല ചില കെമിക്കലുകളും മറ്റും കണ്ടെത്തുക പ്രകാശലക്ഷം ദൂരെയുള്ള ഗ്രഹങ്ങളിലാണ് അവിടേക്ക് മനുഷ്യന് എത്തിച്ചേരാൻ പറ്റത്തില്ല അപ്പോ മനുഷ്യന് വാസയോഗ്യമായിട്ടുള്ളത് ഈ ഹാബിറ്റേറ്റ് സോണിലുള്ള ഈ ഭൂമി എന്ന് പറയുന്ന ഗ്രഹമാണ് ഇവിടെയും മനുഷ്യരെല്ലാം ഇവിടെ ഒരുമിച്ച് ജീവിച്ചാലേ ജീവിക്കാൻ പറ്റും കുറെ പേരെ ഇല്ലാതാക്കിയിട്ട് അമ്മക്ക് ജീവിക്കാമെന്ന് വിചാരിച്ച നടക്കാലം പോയി അതുകൊണ്ട് വാളും ബന്ധവും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കുമ്പോഴാണ് അങ്ങനെ വിചാരിച്ചത് ഇതങ്ങനെ നാറ്റും ബോംബും ഹൈഡ്രോജൻ ബോംബും കൊണ്ടാണ് മനുഷ്യർ യുദ്ധം ചെയ്യാൻ കാത്തിരിക്കുന്നത് ഇവിടെ കുറച്ചുപേരെ ഇല്ലാതാക്കിയിട്ട് കുറച്ചുപേർക്ക് സുഖിക്കാൻ പറ്റത്തില്ല മൊത്തം ദിവസം ഓടിൽ രക്ഷപ്പെടാൻ വാസയോഗ്യമായ വേറൊരു സ്ഥലമില്ല അതുകൊണ്ട് എന്ത് ഉപദേശം കൊടുത്താലും ശരി അത് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി അങ്ങനെയല്ല മനുഷ്യപ്ന ഉപകരിക്കുന്ന ഉപദേശമല്ല അങ്ങനെയുള്ള ഉപദേശങ്ങൾ ഗീതയിലുണ്ട് അതാണ് ഈ പറയുന്നത് എന്താണ് നിർവൈര് സർവഭൂതേഷ അന്വേഷ സർവഭൂതാണ് മൈത്രകരുണേ അതുകൊണ്ട് ഈ പറയുന്ന എന്താണ് വൈരി ശത്രു ഇതുകൂടാതെ ബന്ധുസ്നേഹാദിനാപരീ പറഞ്ഞു ബന്ധുസ്നേഹം കൊണ്ട് മനുഷ്യനോടുള്ള സ്നേഹം കൊണ്ട് ബന്ധുവെന്ന് വെച്ചാൽ മനുഷ്യരാണ് അതുകൊണ്ട് യുദ്ധത്തിൽ നിന്ന് പിന്തിരിയാൻ പാടില്ല എന്ന് ശരിയായ കഴിയില്ല യുദ്ധത്തിൽ നിന്ന് ഒരാൾ പിന്തിരിയുന്നുണ്ടെങ്കിൽ അത് മനുഷ്യനോടുള്ള സ്നേഹം കൊണ്ടായിരിക്കും മറ്റൊന്നുകൊണ്ടും